ആ uh -huh. སསས སསས སསས སསས മനസി പ്രതിഷ്ഠിത മനോമേ വാജി പ്രതിഷ്ഠിതം സത്യം വന്നു വക്തം ദ പ്രത്യേകോചരം യമ ഓപ്പഭേദന വ്യാതം തനംഭമേഭം ത ആത്മാവായുധം അഗ്രഹാസി സൃഷ്ടിക്കുന്നു ആത്മാവ് മാത്രമായിരുന്നു സൃഷ്ടിക്കു ശേഷം ഇതെല്ലാമായികമായ ഒന്നിൽ നിന്നാണ് ഈ സൃഷ്ടി സംഭവിച്ചത് സൃഷ്ടിക്ക് ശേഷവും ആ ഏകത്വത്തിന് ഭംഗം വന്നിട്ടില്ല സൃഷ്ടിക്കുന്ന അദ്വൈതം തന്നെ സൃഷ്ടിക്ക് ശേഷവും അദ്വൈതം തന്നെ അതെങ്ങനെ പറയുന്നു ഈ പ്രപഞ്ചത്തിന്റെ പ്രതീതി അനുഭവം ഉണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ അനുഭവം ഇല്ലാതിരുന്നാൽ അത് അദ്വൈതം തന്നെ അദ്വൈതമായത്മാവ് തന്നെ പ്രതീതിയിൽ നുഭവം കൊണ്ട് പല വൈദ്യും പ്രത്യേകതകളും അനുഭവപ്പെടുന്നു ഇതിന്റെ സ്ഥായിത്വം പോലെയുള്ള കാര്യം ഇത് നിത്യമാണ് സത്യമാണ് ദീർഘകാലം നിലനിൽക്കുന്നതാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാവും അത് പ്രതീതി വൈദ്യത്തിനും പ്രതീതിയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് അദ്വൈതത്തിന് ഹാനി സംഭവിക്കുന്നില്ല നീ കാണുന്നതെല്ലാം ഉള്ളതാണെന്ന് കരുതി എന്നാലും അദ്വൈതത്തിന് ഹാനി സംഭവിക്കത്തില്ല ഇതെല്ലാം ഇല്ലാത്തതാണെന്ന് കരുതിയാൽ അദ്വൈതം സിദ്ധിക്കുന്നില്ലതാണെന്ന് കരുത് എല്ലാം സത്യമാണെന്ന് കരുതിയാലും ശരി എങ്ങനെ ചിന്തിച്ചാൽ അദ്വൈതത്തിന് ഹാനി വരത്തില്ല ഇത് പറയുന്നു യഥാസല ജലം ജലത്തെ കാണുമ്പോൾ ജലത്തിൽ നുരയും പതയും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ജലത്തിൽ നിന്നും തിര അല്ലെങ്കിൽ നുര അങ്ങനെ ഒരു നാമം അങ്ങനെ ഒരു രൂപം അത് പ്രകടമാകും വ്യാകരണമെന്നു വെച്ചാൽ പ്രകടമാകുക മറ്റെന്തെങ്കിലും നിമിത്തങ്ങൾ കൊണ്ട് അത് പ്രകടമാകും ജലത്തിൽ അങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പ് സലേഖ ശബ്ദ പ്രത്യേക അപ്പൊ ജലം എന്ന് പറയുന്ന ഒരേ ഒരു ശബ്ദം ഒരേ ഒരു ജ്ഞാനത്തിന് വിഷയമാണ് അവിടെ ഉണ്ടായിരുന്ന വസ്തു ജലമെന്നേ പറയാം ായിക്കഴിഞ്ഞതിനു ശേഷമോ അത് ഉണ്ടായി കഴിഞ്ഞതിനു ശേഷം അങ്ങനെ പറയുന്നുണ്ടായതിനു ശേഷം കാണുന്ന ആ വസ്തുവം അതിന് അത് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു ജനം മാത്രമായിരുന്നു ഉണ്ടായതും ഉണ്ടാകുന്നതിന് മുമ്പ് അത് മാത്രമായിരുന്നു പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണ് മാത്രമായിരുന്നു പക്ഷേ ഇതാ സലാകൃത എപ്പോഴാണോ പ്രകടമാകുന്നത് ജലത്തിൽ നിന്ന് വേറിട്ട് നാമരൂപ ഭേദേന വ്യാകൃതം ഭതി നാമരൂപങ്ങളോടുകൂടി ജലം എന്നു പറയുന്ന നാമം അവിടെ രൂപത്തിനും മാറ്റുന്നു കാരണം തരംഗങ്ങൾ പലതരത്തിൽ കാണുന്നു നാനാരൂപങ്ങളും അവിടെ കാണും ഇത് പറയുന്നത് നമ്മുടെ അനുഭവമാണ് വസ്തുവിനെ കാണുന്ന നമ്മുടെ അനുഭവം ഈ അനുഭവത്തിനനുസരിച്ച് നമ്മളെന്ത് തീരുമാനിക്കും അവിടെ വന്ന നുര അത് സത്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം അത് ജലം തന്നെ അത് ജലം എന്നെ ബോധിക്കാൻ പറ്റും അത് മറ്റെന്നാണെന്ന് ബോധിക്കാൻ കഴിയുന്നത് പ്രപഞ്ചം സത്യമാണെന്ന് ബോധിച്ചാലും ദോഷം എന്തുകൊണ്ട് സത്യത്തിൽ നിന്ന് പ്രകടമായതുകൊണ്ടാണ് ഇതിനെ സത്യം ഒന്ന് ബോധിക്കുന്നത് പ്രപഞ്ച സത്യം ഒന്ന് ബോധിക്കുന്നത് അദ്വൈതത്തിനെതിര അദ്വൈതം തന്നെ സത്യമാണ് നമ്മൾ അനുഭവത്തിൽപ്പെടുന്ന സർവവും നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നത് അത് സത്യത്തിൽ നിന്ന് പ്രബളമാകുന്ന ജലത്തിൽ നിന്ന് പ്രബളമാകുന്നത് അത് നാമരൂപങ്ങളെല്ലാം നമുക്ക് എന്തായി അനുഭവപ്പെടുന്നത് ജലമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു എന്തുകൊണ്ടത് ജലമായതുകൊണ്ടാണ് തരംഗങ്ങളെല്ലാം ജലം തന്നെ ഇന്ന് കരുതുന്നതിൽ എന്താ ദോഷം പ്രപഞ്ചം സത്യമാണ് എന്ന് കരുതുന്നതിലും ദോഷമില്ല എന്തുകൊണ്ട് സത്യത്തിൽ നിന്നും പ്രകടമായതല്ല സത്യം തന്നെ അതല്ലാതാകാൻ പറ്റത്തില്ല ജലത്തിൽ നിന്നും പ്രകടമായതിന് മറ്റൊന്നാകാൻ പറ്റത്തില്ല പക്ഷേ എന്താ ഇവിടെ പ്രപഞ്ചത്തിൽ സത്യം എന്നുള്ള ശബ്ദം മാത്രമല്ല അനേക ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നു വ്യത്യാസം ജലം എന്നുള്ള ഏക ശബ്ദം പ്രയോഗിച്ചെടുത്തു അല്ലെങ്കിൽ അവിടെ പര്യായ ശബ്ദങ്ങൾ പ്രയോഗിച്ചെടുത്ത് പിന്നീട് പര്യായങ്ങളല്ലാതെ പല ശബ്ദം പ്രയോഗിക്കുന്നു തരംഗം വേറെയാണ് നുര വേറെയാണ് എന്ന് പ്രയോഗിക്കുന്നു തരംഗവും തിരയും നുരയും എല്ലാം വേറെയാണ് പര്യായ ശബ്ദമല്ല നുര തരംഗം എന്ന് പറയത്തില്ല വെവ്വേറെ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു ഇവിടെയും അതാണ് പ്രശ്നം പ്രപഞ്ചത്തെ സംബന്ധിച്ച് സത്യമൊന്നും അസത്യമൊന്നും പരസ്പര വിരുദ്ധങ്ങളായ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നു അങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ ശബ്ദങ്ങൾ പ്രയോഗിക്കുക മാത്രമല്ല നാനാത്ത് പ്രതീതി ഉണ്ടാവുന്നു ജലത്തിൽ നിന്ന് മുരയുടെയും തിരയുടെയും പലതരത്തിലുള്ള പ്രതീതികളുണ്ടാവും പ്രപഞ്ച അങ്ങനെ പല രൂപത്തിൽ പ്രതീതമാവുന്നു ശബ്ദസ്പർശ രൂപ അങ്ങനെ പ്രതീതമാകും നാമരൂപങ്ങൾക്ക് വ്യത്യാസം എന്നാലും എല്ലാം ജലം തന്നെ ആത്യന്തികമായിട്ട് അസത്യം തന്നെ സലിലം ഭീനം ചേർത്തിയ അനേക ശബ്ദപ്പെടുത്തിയ അനേക ശബ്ദപ്പെടുത്തിയ ഒരേ വസുവിന് തന്നെ ഉണ്ടാകുന്നു അതുകൊണ്ട് അത് വാസ്തവത്തിൽ പല ഇതാകുന്നില്ല പിന്നെയോ അനുഭവത്തിൽ അത് പലതാവുന്നു പ്രത്യക്ഷമായ അനുഭവത്തിൽ അത് പലതാവും പ്രത്യക്ഷമായ അനുഭവത്തിനപ്പുറമാണ് ചിന്തിച്ച് മനസ്സിലാക്കും ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുമ്പോൾ പ്രത്യക്ഷ അനുസരിച്ചിവിടെ നുരയും തിരയുമെല്ലാം വേറെ വേറെയാണ് അങ്ങനെ ഗ്രഹിക്കുമ്പോൾ തന്നെ ചിന്തിച്ചുണ്ടാകുന്നു പ്രത്യക്ഷം ഇതെന്താണ് ഈ നാനാ രൂപത്തിൽ കാണപ്പെടുന്നതെന്ന് ചിന്തിച്ചുണ്ടാകുന്ന പ്രത്യക്ഷം ഇതിലെന്ത് വരുന്നു ദുരയിലും തിരയിലുമെല്ലാം ജലം തന്നെ സർവത്ര ജലം എന്നുള്ള അത് പ്രത്യക്ഷമാണ് ആദ്യം ഉണ്ടായതും പ്രത്യക്ഷം തന്നെ നാനാ നാല്മ രൂപങ്ങളുടെ അനുഭവം പ്രത്യക്ഷം തന്നെ പക്ഷെ ആ അനുഭവം ഉണ്ടായിരിക്കെ തന്നെ അനുഭവം മാറേണ്ട കാര്യമില്ല ആ അനുഭവം നിലനിൽക്കെ തന്നെ ജലം എന്നുള്ള ബോധമുണ്ടാകും അപ്പൊ അയാൾ പറയുന്നു ജലം തന്നെയാണ് ഈ നാനാ നാമരൂപങ്ങളിൽ പ്രകടമായിരിക്കുന്നത് ഇവിടെ വരുന്നത് ഏതാണിതിൻ്റെ വാസ്തവം എന്നുള്ളത് ജലം തന്നെ നാനാ നാമരൂപമായി പ്രകടമായിരിക്കുന്നു ഇതിൽ പിന്നെ വാസ്തവം ഏതാണ് ഇതിൽ ഏതിനാ നമുക്ക് പരമാർത്ഥം ഒന്ന് വിളിക്കാം നാലാ നാമരൂപങ്ങളോട് കൂടിയിരിക്കുന്നതിന് അതോ ജലത്തെയോ പരമാർത്ഥമൊന്നും ജലത്തെ വിളിക്കാൻ കഴിയും എന്തുകൊണ്ട് ആ ജലം ആ നാമരൂപങ്ങളോട് കൂടി ഇരുന്നാൽ ദുരയും തിരയുമായിരുന്നാലും മറിച്ചായാലും ജലം തന്നെ അതുകൊണ്ട് പറഞ്ഞു മൃത്തികെത്തിയവ സത്യം അതുകൊണ്ടാണ് അതിന് സത്യം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അത് അസത്യം എന്ന് പറയുന്നില്ല ജഗന് മിത്യെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രപഞ്ച അനുഭവം അസത്യം എന്നല്ല പാത്രത്തെക്കുറിച്ചുള്ള അനുഭവം അസത്യമൊന്നുമല്ല ദുരയുടെയും തിരയുടെയും മറ്റും അനുഭവം അത് അസത്യമൊന്നുമല്ല അങ്ങനെയല്ല പറയുന്നു അസത്യം എന്ന് പറയുന്ന ഒരു അനുഭവമേ ഇല്ല മനുഷ്യൻ അങ്ങനെ ഒരു അനുഭവമില്ല ഒരിക്കലും ഉണ്ടാകത്തില്ല അസത്യമായ അനുഭവം എന്തുകൊണ്ട് കാരണം അങ്ങനെ ഒരു അസത്യമായ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മളതിനസത്യം എന്നെങ്കിലും തിരിച്ചറിയണം എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയണം എന്നാലും അനുഭവത്തെ അസത്യം എന്ന് പറയാൻ പറ്റും എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയണം അത് കഴിയത്തില്ല എന്തുകൊണ്ട് നമ്മൾ ഏതൊരു അനുഭവത്തെയാണോ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നത് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ അതുകൊണ്ടാണെന്ന് നിഷേധിക്കാൻ ശ്രമിക്കുന്നു അനുഭവം ഉണ്ടാകുക അതിന് പിന്നെ നിഷേധിക്കാൻ സാധ്യത സ്വപ്നം ഉണ്ടായി അനുഭവപ്പെട്ടത് ഇനി സ്വപ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല ഒരു അനുഭവത്തെയും നിഷേധിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് എല്ലാ അനുഭവവും സത്യന്തൻ എന്തുകൊണ്ട് അനുഭവം അത് സാക്ഷാത് അപരോക്ഷം അനുഭവം അപരോക്ഷം അതുകൊണ്ട് അനുഭവത്തെ ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല ഇരുട്ടാണ് കുറച്ചും വെളിച്ചം വരും വീണ്ടും ഇരുട്ടാവും പക്ഷെ അവിടെ നമുക്ക് ഈ അനുഭവങ്ങൾ മാറി മാറി വരുമ്പോൾ എനിക്ക് വെളിച്ചത്തിന്റെ അനുഭവം ഉണ്ടായില്ല ഇരുട്ടിന്റെ അനുഭവം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല ഇനി ഇത്രയും പറയാൻ എന്താണെന്നു ഇപ്പോൾ വെളിച്ചമായിരുന്നു ഇപ്പൊ ഇരുട്ടായി ഇനിയിപ്പോൾ ഇരുട്ട് മാറി വീണ്ടും വെളിച്ച അനുഭവം വരുന്നു അനുഭവങ്ങൾ മാറി മാറി വരുന്നു ഇതിന് അസത്യം എന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു ഒരനുഭവത്തിൽ ഒരനുഭവത്തിന്റെ കാലത്ത് മറ്റൊരനുഭവം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നു അത് അസത്യമാണ് അനുഭവം തെറ്റായിരുന്നു സർപ്പത്തിന്റെ അനുഭവ കാലഘട്ടത്ത് രജുവിന്റെ അനുഭവം ഇല്ല അതുകൊണ്ട് നമ്മൾ പറയുന്ന എന്താണ് ആ സർപ്പ അനുഭവം അത് അസത്യമാണ് എന്ന് പറയും അത് അനുഭവം അസത്യമായതുകൊണ്ടല്ലോ നമുക്ക് നിഷേധിക്കാൻ വയ്യ എന്താണോ അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായില്ല അനുഭവത്തെ ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല പ്രതീതിയെ നിഷേധിക്കാൻ പറ്റുന്നില്ല എന്നാലും ബാധ എന്ന് നമ്മൾ പറയുന്ന എന്തുകൊണ്ട് ജാഗ്രത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ആ സ്വപ്നാനുഭവമില്ല സ്വപ്നാനുഭവം ഒരിക്കലും ഉണ്ടാകാത്തതുകൊണ്ടല്ല നമുക്ക് സ്വപ്നാനുഭവത്തെ നിഷേധിക്കാൻ മയ്യെങ്കിലും ഇപ്പോ ഇവിടെ സ്വപ്നത്തിൽ ആനയും കുതിരയൊന്നുമില്ല അതുകൊണ്ട് പറയുന്നു ഇപ്പോൾ ആ സ്വപ്ന അനുഭവം ഇല്ല ഈ അനുഭവത്തിന്നുകൊണ്ട് ധൈര്യമായി പറയാൻ എന്താണോ അത് അസത്യമായിരുന്നു അവിടെ അനുഭവത്തിന്ന് ശരിക്കാൻ കഴിയുന്നു ഇത്രേ പറയാൻ കഴിയുന്നുള്ളതാണ് ഇപ്പോ ഈ സമയത്ത് അനുഭവമില്ല ഇപ്പോൾ ഈ സമയത്ത് അവിടെ കണ്ട വിഷയങ്ങൾ ഇല്ല അത്രമാത്രമേ കഴിയൂ എന്തുകൊണ്ട് ആ അനുഭവം എന്ന് പറയുന്നത് സാക്ഷാത് അപരോക്ഷമാണ് ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല ജാഗ്രത നിഷേധിക്കാൻ കഴിയുന്നില്ല ജാഗ്രത ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നിഷേധിക്കണമെങ്കിൽ എങ്ങനെ നിഷേധിക്കണം എനിക്കിങ്ങനെ ഒരു അനുഭവം ഇല്ല അത് സമബുദ്ധിയുള്ള ഒരാൾക്ക് അത് സാധ്യമല്ല സ്വപ്നത്തെ നിഷേധിക്കാൻ വയ്യ അവിടെയും അനുഭവം ഉണ്ടായിരുന്നു സുഷുപ്തി നിഷേധിക്കാൻ കഴിയുന്നില്ല എങ്ങനെ നിഷേധിക്കണം ഞാൻ സ്വപ്തനായിരുന്നില്ല അവിടെയും നിഷേധിക്കാൻ കഴിയുഭവം ഒരിക്കലും മാറാതെ നിൽക്കുന്നു അനുഭവത്തിനൊരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല എന്നാൽ അനുഭവങ്ങൾ മാറി മാറി വരുന്നു ജാഗ്രത സ്വപ്നം സുശക്തി ഇങ്ങനെ മാറി മാറി വരുന്നു വിഷയങ്ങൾ മാറി മാറി വരുന്നു അതുകൊണ്ട് ഒരു അനുഭവവേളയിൽ ജാഗ്രത അനുഭവ വേളയിൽ സ്വപ്നമില്ല സ്വപ്നാനുഭവ വേളയിൽ സുശത്തിയില്ല അവിടെ ജാഗ്രത ഇല്ല അവിടെ ഒരനുഭവ വേളയിൽ മറ്റൊരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിഷേധിക്കുന്നു നിഷേധിച്ചിട്ട് പറയുന്നു അത് സത്യമായിരുന്നില്ല അത് അസത്യമായിരുന്നു എന്ന് പറയും അങ്ങനെ നിഷേധിക്കുമ്പോഴും അനുഭവത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല ജലത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല ഉദാഹരണത്തിൽ പറയുന്നു ജലത്തിൽ നാനാ അനുഭവങ്ങൾ വരുന്നു ദുരയും കതയും ഈ എല്ലാ അനുഭവങ്ങളും സത്യമാണ് ദുരയുടെ അനുഭവം കതയുടെ അനുഭവം സത്യമാണ് പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു അതാണ് നമ്മൾ അസത്യം എന്ന് പറയുന്നു കാരണം ദുരയുടെയും കതയുടെയും അനുഭവം ഉണ്ടാകുമ്പോഴും അതാണ് തഥാസല്ലം ഭേനം ആ സമയത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു ഇത് ജലമാണോ ഇത് ദുരയാണോ ഇത് പതയാണോ എന്നിങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നു ഇനി ആ നുരയും പതയുമെല്ലാം ഒടുങ്ങിയാലോ ഒരനുഭവം മാത്രം ഇത് ജലമാണോ അപ്പോൾ കേവലമായ ജലത്തിൻ്റെ അനുഭവത്തിൽ ദുരയും പതിവൊന്നുമില്ല ദുരയും പതിവുടെ അനുഭവത്തിൽ ജലത്തിന്റെ അനുഭവമുണ്ട് അതുകൊണ്ടിവിടെ ആപേക്ഷികമായി പറയുന്നു എന്താണോ ജലം സത്യം മറ്റേ രണ്ടും സത്യമല്ല കാരണം ജലത്തെ മാത്രം അനുഭവിച്ചപ്പോൾ അതിനനുഭവിക്കാൻ കഴിഞ്ഞില്ല ഒരു അനുഭവത്തിൽ മറ്റനുഭവങ്ങൾ നിലനിൽക്കുന്നില്ല അതേസമയം മറ്റനുഭവങ്ങളിലും ഒരു അനുഭവം തുടരുന്നുണ്ട് ജലം ജലമെന്നുള്ള അനുഭവം അതുകൊണ്ട് അത് സത്യം അതാണ് വ്യാകൃതം യഥാഭവതി നാനാ നാമരൂപത്തിൽ ഇതെപ്പോഴാണോ വ്യാകൃതമാകുന്നത് തഥാൾ അനേക ശബ്ദം അനേക ശബ്ദവും പ്രത്യേകം വരുന്നു മാത്രമല്ല അവിടെ തന്നെ ചിന്തിക്കുമ്പോ സലിനമേ അനേക ശബ്ദ പ്രത്യഭാച്ച േനംഭവതി അതേ നുരയെ തന്നെ ജലം തന്നെ അതേസമയം അവിടെ പല അനുഭവങ്ങളുണ്ട് ജലമാണ് ഇത് ഇത് തിരയാണ് ഇങ്ങനെ അനുഭവങ്ങളുമുണ്ട് അങ്ങനെ അനേക അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അവിടെ മാറാതിരുന്നെന്താണ് ജലമെന്നുള്ള അനുഭവം അപ്പം ഇത് ബാഹ്യമായി ഉദാഹരണത്തിലൂടെ ചിന്തിച്ച് എങ്ങനെയാണ് ആ അദ്വൈതത്തെ സമർത്ഥിക്കുന്നത് എന്ന് പറയുക ഇവിടെ ഈ പറയുന്ന ദൃഷ്ടാന്തത്തിൽ എന്താണ് അദ്വൈത അനുഭവമാണ് അവിടെ ജലത്തിൽ നിന്ന് വേറിട്ട് ഒന്നുണ്ടാവുന്നുണ്ടോ ജലത്തിൽ നിന്നും വേറിട്ടുണ്ടാവുന്നു എന്നൊക്കെ അനുഭവം ഉണ്ടാവും ജലത്തെ വിസ്മരിക്കും ജലത്തിൽ മറ്റൊരു വസ്തുണ്ടായി തിരയുണ്ടായി പക്ഷെ ജലത്തെ കൂടി സ്മരിച്ചാലോ ജലത്തിൽ നിന്നും വേറിട്ടൊന്നും അവിടെ ഉണ്ടായിട്ടുള്ള ജലം തന്നെയാണ് അതാണ് പ്രപഞ്ചത്തെ സത്യമായി അനുഭവിച്ചാലും അദ്വൈതത്തിന് ദോഷം നിരയും തിരയുമെല്ലാം ജലമായിട്ട് അനുഭവിച്ചതെന്ന് വിചാരിച്ച് അവിടെ നാനാത്വം ജലത്തിൽ നാനാത്വം ഉണ്ടെന്നും പറയാം കാരണം നാനാനുഭവങ്ങൾ അതിനാണ് നാനാത്വം എന്നൊരു അതേസമയം അവിടെ ഏകമാണെന്നും പറയാം പറഞ്ഞ ഇതും അഗ്രേ ഈ സൃഷ്ടിക്കും മുമ്പ് ഇതേകമായിരുന്നു ഏക ശബ്ദ പ്രത്യഭ അപ്പം ആ പറയുന്നതിന് യുക്തിയുണ്ട് ഈ പ്രപഞ്ചത്തിലെ ഏതൊരു ഘടകത്തെ എടുത്ത് പരിശോധിച്ചാലും ശരി ഇതാണ് ഒന്ന് പലതായി മാറി അനുഭവപ്പെടുന്നു അതിന് പലതല്ലാതിരിക്കാനും കഴിയുന്നു അത് ഇവിടുത്തെ അനുഭവം ഇവിടെ ബോധത്തിന്റെ തലത്തിൽ ബാഹ്യമായ വിഷയങ്ങളെ പരിശോധിക്കുന്നു ഇതെല്ലാം ബോധത്തെ ആശ്രയിച്ചിട്ടാണ് സർവ്വതും ബോധത്തെ ആശ്രയിച്ചിട്ട് അപ്പോൾ ബോധത്തെ ആശ്രയിച്ച് ചിന്തിക്കുമ്പോൾ യുക്തിയും അനുഭവത്തിനും നിരക്കുന്നത് അദ്വൈതമാണ് അതിന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഷുപ്തിയുടെ ദൃഷ്ടാന്തങ്ങൾ സുഷുപ്തിയിൽ അത് കൂടുതൽ വ്യക്തമാണ് ബാഹ്യമായ ദൃഷ്ടാന്തങ്ങളെക്കാളും ബാഹ്യമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് എന്താണ് കാരണം അവിടെ തന്നെ വിസ്മരിക്കുന്നു തന്റെ ബോധം ബോധത്തിന് അനുഭവപ്പെടുന്ന വിഷയങ്ങൾ അത് അതിൽ ചിന്തിക്കുന്നു സുഹൃത്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും തന്നിലേക്ക് വരുന്നു ഇതൊക്കെ തന്നിലെ കാര്യങ്ങളാണ് താനും തന്റെ ബോധവും അത് രണ്ടല്ല ഒന്ന് തന്നെ അതാണ് ജാഗ്രത സ്വപ്നം ഇനിയാണ് പ്രകാശിക്കുന്നത് അത് തന്നെ സുഷൃപ്തിയായി നിൽക്കുന്നു ഈ മൂന്ന് സ്ഥലത്തും തന്റെ അസ്തിത്വമായിരിക്കുന്നത് ബോധത്തിലാണല്ലോ അസ്തിത്വം വേറെ എവിടെ അസ്തിത്വമാണല്ലോ അസ്തിത്വം നമുക്ക് അനുഭവപ്പെടുന്നത് ബോധത്തിലാണോ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ അറിയുന്നു അതുകൊണ്ട് അതിന് അസ്തിത്വമുണ്ട് അറിയില്ലെങ്കിൽ ആ വസ്തുവിൽ അസ്തിത്വമില്ല അപ്പൊ തന്നെ അറിയുന്നു തന്നെ അസ്തിത്വമുണ്ട് തന്റെ അസ്തിത്വത്തെ അവരുടെ സുഹൃത്തിയിൽ നിന്ന് നിഷേധിക്കാൻ വയ്യ അതുകൊണ്ട് പറഞ്ഞ അഗ്രേ ആസി തവടെയും ഇതുണ്ടായിരുന്നു ഇവിടെ ഇവിടെ നിലനിൽക്കുന്നു ഇവിടെ അദ്വൈതമല്ലാതെ ഒന്നിനെ യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ വയ്യ ഇതെല്ലാം കേവലം ബോധത്തിന്റെ പ്രവർത്തനം ബോധത്തിലാണ് നിങ്ങളിതിനെ നിഷേധിക്കുന്നു അംഗീകരിക്കുന്നു അല്ലാതുകൊണ്ടാണ് അദ്വൈതസാധ്യമല്ലെന്ന് പറയുന്നത് ബോധം കൊണ്ടാണ് അദ്വൈതമാണെന്ന് പറയുന്നതും ബോധം കൊണ്ടാണ് അപ്പൊ രണ്ടിനും ഇടം കൊടുക്കുന്നതാണ് ബോധം അതുകൊണ്ട് അതിന് അദ്വൈം എന്ന് പറയുന്നു നിഷേധിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമെല്ലാം അതിനാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ് സുശൃത്തിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ബാഹ്യമായ ദൃഷ്ടാന്തം മതി പ്രപഞ്ചത്തിലും അദ്വൈതമാണ് ദൃഷ്ടാന്തം നോക്കുമ്പോൾ മനസ്സിലാവും സർവത്ര അദ്വൈതം തന്നെ ഇതെല്ലാം ബുദ്ധിയുടെ പ്രവർത്തനം അല്ലേ അങ്ങനെ നമ്മൾ ചിന്തിച്ചാണ് ബുദ്ധിയുടെ പ്രവർത്തനം എങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാണ് തലച്ചോറിന്റെ പ്രവർത്തനം ബുദ്ധിയുടെ പ്രവർത്തനം സംഭവിക്കുന്നു ഇതെല്ലാം തലച്ചോറിന്റെ പ്രവർത്തനമാണോ അത് പ്രവർത്തനങ്ങൾ പിന്നെന്താ ഇത് എങ്ങനെ പരമാർത്ഥമാവും തലച്ചോർ പ്രവർത്തിക്കുന്നുണ്ട് ബുദ്ധി പ്രവർത്തിക്കുന്നു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ അദ്വൈതം പറയും അത് പ്രവർത്തിച്ചില്ലെങ്കിൽ അദ്വൈതം പറയാൻ പറ്റും ഇവിടെ പറയുന്നത് എന്താണോ ഈ ബോധം അത് തലച്ചോറിന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നു ആരാ പറയുന്നത് തലച്ചോറ് പറയുന്നു അത് ഈ ബോധം തന്നെയാണ് പറയുന്നത് ബോധം തന്നെയാണ് പറയുന്നത് തലച്ചോറിനത് പറയാൻ പറ്റി ബോധത്തിനെ പറയാൻ പറ്റും ബോധത്തിന്റെ ഒരു കണ്ടെത്തലാണ് ബോധത്തിനെ സംബന്ധിച്ചിടത്തോളം ഹ്യമായ മറ്റു വിഷയങ്ങളെപ്പോലെ തലച്ചോറെന്ന് പറയും അതിനെക്കുറിച്ച് എന്തൊക്കെ ഗവേഷങ്ങൾ നടത്തിയാലും എന്തായിരിക്കും ബോധമായിരിക്കും ബോധത്തിന്റെ വിഷയമാണ് ഒരിക്കലും തലച്ചോറിന്റെ വിഷയമാകത്തില്ല ബോധം അങ്ങനെ സംഭവിക്കുന്നു ശരീരത്തിന്റെ വിഷയമാകുന്നില്ല ബോധം മറ്റൊന്നിന്റെയും വിഷയം ബോധമാകുന്ന മറിച്ച് ഇതെല്ലാം ബോധത്തിന് വിഷയമാവുകയാണ് അതുകൊണ്ട് പറയാം ബോധത്തിന് എങ്ങനെയാണോ ബാഹ്യമായ വിഷയങ്ങൾ അതുപോലെ ബാഹ്യൊന്നിച്ച ശരീര ബാഹ്യമായ വിഷയങ്ങൾ അതുപോലെ ശരീര അന്തർഭാഗത്തുള്ള കാര്യങ്ങളും ബോധത്തിന് വിഷയമാകും വാസ്തവത്തിൽ എന്താണോ ബോധത്തിന് വിഷയമാകുന്നത് ബോധത്തിന് പുറത്താണ് ബോധത്തിനകത്താണ് ഏതായാലും ശരി തലച്ചോറായാലും ശരി ശരീരമായാലും ശരി വിഷയമാകാന്ന് പറഞ്ഞത് ബാഹ്യമാകുകയാണ് ബാഹ്യമായി പോകുന്നു ബോധം എന്നെ ഗ്രഹിക്കുന്നു അതാണ് അതിന്റെ ബാഹ്യവും പറയും ബോധം അതിനെ വിഷയമായി ഗ്രഹിക്കുന്നു ശരീരത്തെ കുറിച്ചുള്ള ബോധം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ ബ്രെയിനിനെ കുറിച്ചുള്ള ബോധം ഇതെല്ലാം എന്താണ് ബോധത്തിന്റെ വിഷയമാണ് ബോധത്തിനത് വിഷയമാകുന്നുകൊണ്ട് നമ്മുടെ നിഗമനങ്ങളാണ് എന്താണ് ഇത് അതുകൊണ്ട് പ്രവർത്തിക്കുന്നു ഇതിന്റെ ആധാരം അതാണ് ബോധത്തിന്റെ ധാരണകളാണ് ഈ ധാരണകളില്ലാതെ ബോധം നിൽക്കും നിരയും തിരയും ഒന്നുമില്ലാതെയും ജലത്തിന് നിക്കാൻ പറ്റും നിശ്ചലമായ ജലം ഒരു ധാരണയില്ലാതെ നിൽക്കും അങ്ങനെ ഒരു ധാരണ ഇല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിൽ നിന്നാണ് ബോധം ഉണ്ടായത് അല്ലെങ്കിൽ വേറെ നിന്നാണ് ബോധമുണ്ടായതെന്ന് പറയാൻ പറ്റത്തില്ല എപ്പോഴാണോ ഇതിനെയൊക്കെ അറിയുന്നത് അറിയുന്നത് കൊണ്ടേ പറയാൻ പറ്റൂ ഇതിൽ നിന്നുണ്ടായി ഇതിൽ നിന്നുണ്ടായി എന്ന് പറയാൻ പറ്റും ബോധം ഇതിൽ നിന്നും ഗ്രഹിക്കാതിരുന്നാൽ ജലം മാത്രമായിട്ട് ഇരിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുമോ തിരയും ദുരയൊക്കെ അതിൽ നിന്നാണ് ഉണ്ടായെന്ന് അതില്ലെങ്കിൽ ഉണ്ടെങ്കിൽ യും നുരയും ഒക്കെ അതിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയാം ജലം അതിനൊക്കെ കാരണമായിരിക്കുന്നു ജലം കാണുന്നു സങ്കല്പ്പിക്കുക നുരയും സ്ഥിരയും നിരന്തരം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ജലത്തിൽ നിരയും ദുരയും ഒക്കെ സദാസമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിൽക്കുന്നില്ല അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജലം തന്നെ അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തണം ജലം പറയുന്നെന്താണോ കാരണം അതിനെ വിട്ടിട്ടിരിക്കാൻ കഴിയുന്നില്ല ജലത്തിൽ ദുരയും തിരയും ഒന്നും വിട്ടിട്ടിരിക്കാൻ കഴിയും അങ്ങനെ ഒരു അനുഭവമില്ല അതുകൊണ്ട് ജലം പറയുന്നു ഞാൻ ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് പറയുന്നതേയുള്ളൂ ബോധം പറയുന്നു ഞാൻ ഈ ശരീരത്തെ ആശ്രയിച്ചു ബുദ്ധിയെ ആശ്രയിച്ചു നമ്മുടെ തലച്ചോലിനെ ശരീരത്തെ ആശ്രയിച്ചെന്നു ഈ ശരീരത്തിൽ സ്ഥൂലവും സൂക്ഷ്മവുമായ ഭാഗങ്ങളുണ്ട് അത് ഭാഗങ്ങളാണ് തലച്ചോലെന്നു മറ്റും പറയുന്നത് ഞാൻ ഈ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ആ നുരയും തിരയും ഒന്നും പറയാൻ കഴിയുമോ അപ്പോൾ ജലം പറയുമോ ഞാൻ ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇതിനെന്താണ് ഞാൻ കേവലമായ ജലം മാത്രം അങ്ങനെ സംഭവിക്കാം അതാണ് ആത്മാവിധം അഗ്രേ അഗ്രത്തിന് ഇത് ആത്മാവ് മാത്രമായിരുന്നു അവിടെ ഇതിന് വിഷയങ്ങളല്ല ബോധത്തിനവിടെ വിഷയങ്ങളില്ല അവിടെ ബോധമൊന്നിനെ സൃഷ്ടിക്കുന്നില്ല ബോധമെന്തിനെങ്കിലും സൃഷ്ടിച്ചാലേ പറയാൻ പറ്റുമോ അതെന്റെ കാര്യമാണെന്നോ എന്റെ കാരണമാണെന്നോ ബോധം തലച്ചോറിനെ സൃഷ്ടിക്കുന്നോണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ബോധശരീരത്തെ സൃഷ്ടിക്കുന്നോണ്ടാണ് പറയുന്നത് ഇതെന്റെ കാരണമാണോ പറയാൻ കഴിയത്തില്ല അത് ശരീരത്തിന്റെ നിലയിൽ നിന്ന് ചിന്തിച്ചാൽ കഴിയത്തില്ല ബോധത്തിന്റെ നിലയിൽ നിന്ന് ചിന്തിച്ചാലേ അത് മനസ്സിലാക്കുന്നു ബോധത്തെക്കുറിച്ച് ശരീരത്തിന്റെ നിലയിൽ നിന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വണ്ടി വലിക്കുന്നതിന് വേണ്ടി വണ്ടി കുതിരയുടെ മുമ്പ് കെട്ടുന്നു എന്ന് പറയുമ്പം പോലെയാണ് അങ്ങനെ കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി വലിക്കാനൊക്കെ തന്നെ കുതിര വണ്ടിയുടെ മുമ്പിൽ തന്നെ കിട്ടും അതുപോലെ മനസ്സിലാക്കാൻ ശരീരത്തിന്റെ നിലയിൽ നിന്ന് ചിന്തിച്ചാൽ ശരീരത്തിന്റെ നിലയിൽ എന്ത് യുക്തിയും പ്രയോഗിക്കാം എന്ത് പരീക്ഷണ നിരീക്ഷണങ്ങളും നടത്തും പക്ഷെ സർവ്വം എന്തായിരിക്കും ആ ശരീര സംബന്ധിയായിട്ട് അനുഭവപ്പെടും മറിച്ച് ബോധത്തിന്റെ നിരയിൽ നിന്നിരിക്കുന്നു ബോധത്തിന്റെ വിഷയം ഇല്ലാതിരിക്കുമ്പോൾ ജലത്തിൻ്റെ വിഷയവുമായ നിരയും തിരയുമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ജലം ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല ജലമൊന്നിൻ്റെയും കാര്യവുമില്ല ജലം ഏകമായി നിൽക്കുന്നു അതുപോലെ ഈ ബോധത്തിന് ഒരു വിഷയത്തെയും സൃഷ്ടിക്കാൻ കഴിയാതിരിക്കുന്നു ഈ ബോധം ഒന്നിന്റെയും കാര്യമല്ലാതിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയം അതാണ് സുഷുപ്തി എന്ന് പറയുന്നത് സുഷുപ്തി എന്ന് പറയുന്നത് ശരീരത്തിന്റെ അവസ്ഥയായിട്ട് എടുക്കാം ശരീരത്തിന്റെ അവസ്ഥയായിട്ട് എടുക്കുമ്പോൾ സുരക്ഷത്തെക്കുറിച്ച് നമ്മൾ ശരീരത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കും അങ്ങനെ മനസ്സിലാക്കുന്നത് ശരിയാണ് ശരീരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയാൽ ജാഗ്രത മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കിയാൽ ജാഗ്രത സാധ്യമാവും ഒരു പരിധിവരെ സാധ്യമാവും പക്ഷെ ശരീരത്തെ വിട്ട് ബോധത്തിൻ്റെ നിലയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തെ എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം പ്രകാശിക്കുന്ന പോലും സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സൂര്യൻ പ്രകാശിപ്പിക്കുന്ന വസ്തുക്കളെ പഠിച്ചാൽ അതിലൂടെ കഴിയത്തില്ല കാരണം സൂര്യനെ പ്രകാശിപ്പിക്കും സൂര്യനുണ്ടെങ്കിൽ അത് ഇന്ദ്രിയത്തിന് വിഷയമാകുന്നുള്ളൂ എന്ന് വെച്ച് ആ വസ്തുക്കളെ പഠിച്ചാൽ സൂര്യന്റെ പഠനമാക്കും അതിനെന്ത് ചെയ്യണം സൂര്യനിലൂടെ തന്നെ അതിനെ പഠിക്കും അതുപോലെ ഈ ബോധം അല്ലെങ്കിൽ ഈ പ്രകാശത്തെ മനസ്സിലാക്കുന്ന ബോധത്തിലൂടെ വേണം ശരീരത്തിലൂടെ ആയിരിക്കും ശരീരത്തിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരമാവധി ചെന്ന് എത്തുന്നവിടെ നമ്മുടെ തലച്ചോറിന്റെ രാസപ്രവർത്തനങ്ങൾ വരെ ചെലുത്ത് അതിനപ്പുറം പോകാൻ കഴിയത്തില്ല ബോധത്തിലൂടെ വിളിക്കുകയാണെങ്കിലോ അത് ആ ബോധം ഒന്നിനെയും സൃഷ്ടിക്കാതിരിക്കുന്ന ആ ബോധം ഒന്നിൻ്റെയും കാര്യമാകാതിരിക്കുന്ന സ്ഥലം അവിടെ അതാണ് സുഷൃക്തി ഞാനിവിടെ പറയുന്ന ജലം അഭ്യാകൃത രൂപം എന്ന് വാശികാരൻ പറയുന്നു അത് കേവലം ഒരു ജീവന്റെ സുഷൃത്തി നൽകരുത് അതുകൊണ്ട് സർവജ്ഞ യേശ സർവേശ്വര അവിടെ പ്രപഞ്ച കാരണമായിട്ടിരിക്കുകയാണ് ഏത് പ്രപഞ്ചത്തിന്റെ കാരണം ഈ വ്യാകൃതമായ ഈ പ്രപഞ്ചത്തിന്റെ കാരണം അതുകൊണ്ടാണ് അതിന് കാരണമെന്ന് പറയുന്നത് വാസവത്യത് കാരണമല്ല എന്തുകൊണ്ട് അവിടെ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അതിന് കാരണമെന്ന് ഇങ്ങനെ പറയാൻ പറ്റും ഈ കാണുന്ന കാര്യങ്ങൾക്ക് കാരണമായതുകൊണ്ട് അവിടെ ആസീത് എന്നൊരു ക്രിയ ഉപയോഗിക്കാനും പറ്റില്ല എന്തുകൊണ്ട് സർവജ്ഞൻ സർവേശ്വരൻ ആയിരിക്കുന്നവന് പ്രത്യേകിച്ച് ഒരു കാലത്തിലിരിക്കുന്നു എന്ന് പറയാൻ പറ്റും കാലാതീതനായിട്ടിരിക്കുകയാണ് അവിടെ ഈ ശരീരത്തിലേക്ക് വരുമെന്ന് പറയും എന്താണോ എന്റെ സുശക്തി ഈ അതെല്ലാം ഈ പരിച്ഛന്നമായ ശരീരഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിവരിക്കുമ്പോൾ കരിയിൽ പോകുന്നതാണെന്ത് അതെന്റെ ഉറക്കമാണോ എന്റെ ബോധം അല്ലെങ്കിൽ എന്റെ തലച്ചോറ് പ്രവർത്തനം നിലച്ചതാണോ ഇതൊക്കെ ജാഗ്രതത്തിലിരുന്നു ഈ ശരീരത്തിന്റെ പരിശിന്നത കൊണ്ട് കൽപ്പിക്കുന്ന വാസ്തവത്തിൽ എന്താണ് ഏകീഭൂത പറയുന്നത് അവിടെ ഞാനല്ല സ്ഥിതി ചെയ്യുന്നത് മറിച്ച് അവിടെ ഏകീഭൂതനായിരിക്കുന്നു പ്രപഞ്ചകാരണമായ ഒന്നിനോട് അവിടെ ഏകീഭൂതമായിരിക്കുന്നു നമ്മൾ വരുന്നതുപോലെ അല്പജ്ഞനായ ജീവനല്ല അവിടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ട് അവിടെ സർവജ്ഞനും സർവീശ്വരനുമായി നിലനിൽക്കുന്നു സർവജ്ഞനും സർവേശ്വരനുമായിരിക്കുന്ന അത് നിലനിൽക്കുന്നോണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ ഉറങ്ങുന്നു പരിച്ഛന്നനായ ജീവൻ ഉറങ്ങുന്നു പരിച്ഛന്നനായി മറ്റൊരു ജീവൻ ഉണർന്നിരിക്കുന്നു വനന്തമായ ജീവന്മാർ അതിലിതെല്ലാം മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരുവൻ ഉറങ്ങുമ്പോൾ വേറൊരു ഉണർന്നിരിക്കുന്നു ഒരേ ജലത്തിൽ നിന്ന് തന്നെ തിരയും നിരയും അത് സമുദ്രം എത്ര വിശാലമാണ് വിശാലമായ സമുദ്രത്തിൽ നാനാ ഭാഗത്ത് ഇതെല്ലാം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷെ ഓരോ നിരയും ഓരോ തിരയും നിരയും എല്ലാം എന്താണ് പരിച്ഛിന്നമായ ഭാഗത്തിൽ ഞാൻ ആ സമുദ്രത്തിൽ ലയിച്ചു ഞാൻ ആ സമുദ്രത്തിൽ വന്നു അത് ഓരോ നിരയും ഓരോ നിരയും കരുതുകയാണ് ഞാൻ സമുദ്രത്തേക്ക് നയിച്ചു ഞാൻ കടന്നു വന്നു അത് അതിൻ്റെ പരിച്ഛന്നമായ ഭാവത്ത് ചിന്തിക്കുകയാണ് അതുകൊണ്ട് അതിന് അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്താണോ താൻ അതിൻ്റെ പരിച്ഛന്ന ഭാവത്തിന് പറ്റുന്നില്ല അതുകൊണ്ട് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് താൻ ഈ അനന്തമായ സമുദ്രത്തിലേക്കാണ് വിനയിച്ചത് എന്നറിയാൻ പറ്റുന്നില്ല താൻ എപ്പോഴും അറിയുന്ന എന്താണ് തന്റെ ആ പരിച്ഛന്നമായ ചെറിയൊരു നിരയുടെ രൂപത്തിലേക്കാണ് കാരണം അവിടേക്ക് അത് പോകുന്നു വീണ്ടും വരുന്നു പോകുന്നു വീണ്ടും വരുന്നു പക്ഷികാരൻ എന്ന് പറഞ്ഞാൽ അത് സർവജ്ഞനും സർവീശ്വരനുമാണ് എന്തുകൊണ്ട് സമുദ്രാനന്ദമാണ് അതിലേക്കാണ് വരുന്നത് അപ്പം അവിടെ പിന്നെ ഞാനില്ല എന്റെ സുഷക്തി ഇല്ല അത് അതുകൊണ്ട് പറയുന്നത് ഏകത്വത്തെ പ്രാപിച്ചിരിക്കുന്നു ഏകനായിരിക്കുന്നു ഓ അത് ഏതെല്ലാം ഭാവത്തെ പ്രാപിച്ചാലും ശരി നാനാം ഭാവത്തെ പ്രാപിച്ച് ഇത് കേവലം ഒരു വ്യക്തിനിഷ്ഠമായ കാര്യമില്ല സുശക്തി എന്ന് പറയുന്നത് അത് എന്റെ ഉറക്കമാണ് പിന്നെയോ ഒരു നിര ഒരു നിരയുടെ ഉറക്കം എന്ന് പറയുന്ന അതിൻ്റെ മാത്രമല്ല എന്തുകൊണ്ട് അവിടെ അത് ഏകീഭവിച്ചിരിക്കുന്ന എന്താണ് ഈ അനന്തമായ സമുദ്രത്തിനോടുള്ള സമുദ്രം അതുകൊണ്ട് ഭേദമില്ല ഉള്ളു പക്ഷെ ഉണർന്നു കഴിഞ്ഞിട്ട് പറയുന്നു ഞാൻ എന്റെ ഉറക്കം അപ്പോൾ ഈ പരിച്ഛിന്ന ഭാവത്തിൽ നമ്മുടെ ആ സൃഷ്ടിക്കെക്കുറിച്ച് ചിന്തിച്ചാൽ ഇത് മനസ്സിലാകത്തില്ല അവിടെ ആ പ്രപഞ്ചകാരനൻ സർവേശ്വരൻ സർവജ്ഞനായിരിക്കുന്നു താനെന്നുള്ളതൊന്നും പിടിയില്ല എന്തുകൊണ്ട് ഈ പരിച്ഛന്ന ഭാവം വിട്ട് എങ്ങനെയവർ മുതിരയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നു കഴിയത്തില്ല അതും ഈ പരിച്ഛന്ന ഭാവത്തിൽ വീണ്ടും അനന്തമായ നാനാത്വഭാവങ്ങളിലേക്ക് പോകും ഒരു നിരയല്ല അനന്ത മുരകൾ അനന്തമായ തിരകൾ വരുന്നു യിൽ നിന്ന് ബഹിർമുഖമായ അനന്തതയിലേക്ക് പോകുന്നു അന്തർമുഖമായ അനന്തതയിൽ നിന്ന് ബഹിർമുഖമായ അനന്തതയിലേക്ക് പോകുന്നു അത് പോകുകയും വരികയും ചെയ്യുന്ന എന്താണ് ഒരാൾ തന്നെ ജലം തന്നെ അതുപോലെ ഈ ബോധം അതുതന്നെയാണ് അവിടേക്ക് പോയത് അവിടേക്ക് പോകുമ്പോൾ എന്നാണ് ഏക ശബ്ദപ്പെത്യഭാവം അവിടെ തന്നെ കുറിച്ച് ഒന്നേ പറയാറു താൻ അവിടെ ഞാൻ മാത്രം ഉണ്ടായിരുന്നു എന്നേ പറയാൻ കഴിയുന്നുള്ളൂ അവിടെ ഈ പറയുന്ന നുരയുടെ ഭാവത്തെ അറിയാൻ വേണ്ടി അതിനെ നിഷേധിക്കുന്നതാണ് പറയുന്നത് എന്താണോ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ കാണുന്ന ദുരിതപ്രതീതിയൊന്നും ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന ദ്വൈത പ്രതീതികളെ നിഷേധിച്ചാൽ എന്താ ഫലം അന്ദ്ധമാണ് ദ്വൈത പ്രതീതി ഒരാകെ നിഷേധിക്കാൻ കഴിയുമെങ്കിൽ ഒരു ദുരയ്ക്ക് അതിന്റെ പരിച്ഛന്ന ഭാവത്തെ നിഷേധിക്കാൻ കഴിഞ്ഞാൽ അതാ സലിനമാണ് ജലമാണ് പക്ഷെ അതിന് താൻ അനന്തമായ ജലമാണെന്നറിയാൻ കഴിയുന്നില്ല ജാഗ്രത്തിൽ വന്നേ അറിയാൻ പറ്റൂ ജാഗ്രതത്തിൽ ഓരോ വീണ്ടും പരിശീലന ഭാവത്തെ സ്വീകരിക്കുന്നു അവിടെയാണെങ്കിലോ തനതിനെ തന്റെ ഈ വ്യക്തിഭാവത്തിലറിയാൻ ശ്രമിച്ചാൽ നടക്കരുത് ജീവഭാവത്തിൽ അറിയാൻ കഴിയത്തില്ല ജീവഭാവത്തിലറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ദ്വൈതമായോ അദ്വൈതമായോ ദ്വൈതത്തെ ജീവഭാവത്തിൽ അറിയാൻ കഴിയുന്നു ജീവഭാവം നശിക്കുമ്പോഴേ അദ്വൈത സാക്ഷാത്മാരം അത് ജീവഭാവത്തെ അറിയാൻ പറ്റത്തില്ല ഇരുന്നുകൊണ്ട് അതിന് ശൈലത്തെ അറിയാൻ കഴിയത്തില്ല ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ് ജാഗ്രതയിലിരുന്നുകൊണ്ട് നമുക്ക് പിടികിട്ടുന്നില്ല ആ സൃഷ്ടത്തെ ശ്രുതി പറയുന്നു ശ്രുതി അത് ബോധിപ്പിക്കുന്നതിനെ ഏകീഭൂത ഏകീഭൂതനായിരുന്നു അത് സംശയരഹിതമായി ബോധ്യപ്പെടുന്നു അതങ്ങനെ ജാഗ്രതയിൽ വന്നു അതിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയങ്ങളെയെല്ലാം ദൂരീകരിക്കുമ്പോൾ അത്രയും ബോധ്യപ്പെടും അവിടെ ബോധ്യപ്പെടത്തില്ല കാരണം അവിടേതില്ല ആ ജലത്തോട് ഏകീഭവിച്ചതിന് ശേഷം ഈ നുരയ്ക്ക് തൻ്റെ അസ്തിത്വം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അവിടെ താനേ ഇല്ല തന്റെ ആ പൃഥക്ഭാവം അതാണ് തന്റെ അസ്തിത്വത്തെ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചത് അത് നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്റെ അസ്തിത്വം ഞാത് കഴിയത്തില്ല അതിനർമുഖതയോ ബഹിർമുഖതയോ ഒന്നും അവിടെയില്ല പക്ഷെ ജാഗ്രത്തിൽ അങ്ങനെ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഇവിടെ തന്റെ ഈ പരിച്ഛിന്ന ഭാവം തനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു തൻ്റെ പൃഥക് ഭാവം തനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു താൻ അതിനൊന്ന് വേറെയാണ് ഇവിടെ ഇരുന്ന് അന്വേഷണം നട ഇവിടെ ഇരുന്ന് അന്വേഷണം നടത്തി ഇതിന് അവന് സംഭവിച്ചിട്ടുള്ള ജ്ഞാന സംശയങ്ങൾ ഭ്രമത്തെ ദൂരീകരിക്കുമ്പോൾ അവനത് സാക്ഷാത്കരിക്കാൻ പറ്റുന്നെന്താണോ അവിടെ താൻ ഏകീഭൂതനായിരുന്നു താൻ സലിനം തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴും അതുതന്നെയാണ് സലിനമേവയെ ഏകശബ്ദപ്പെടുത്തിയ ഭാവ അവിടെ ഒരു ശബ്ദമേ പറയാൻ പറ്റൂ അവിടെ പറയുന്നെന്താണ് പരമാവധി പറയാവുന്നതെന്താണ് ഞാൻ ഉറങ്ങി അത്ര പറയാൻ കഴിയും ഏകശബ്ദമേ പ്രയോഗിക്കാൻ കഴിയുന്നു തന്നെ കുറിച്ച് തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അവിടെ തന്നെ നിഷേധിക്കാൻ പറ്റുന്നു ഞാനവിടെ ഇല്ലാതിരുന്നു എന്ന് പറയാൻ കഴിയില്ല പറഞ്ഞല്ലോ ബോധത്തെ നമുക്കൊരിക്കലും ഒരിടത്തും നിഷേധിക്കാൻ വയ്യ അനുഭവത്തെ ഒരിടത്തും നിഷേധിക്കാൻ വയ്യ ഒരിടത്തും നിഷേധിക്കാൻ വയ്യാത്തതാണ് സത്യം അല്ലെ ജാഗ്രത്തിനും സ്വപ്നത്തിനും നിഷേധിക്കാൻ വ്യക്തമാണ് എന്തുകൊണ്ടത് പരമാർത്ഥമായതുകൊണ്ട് ഒരു ബോധത്തെയും നിഷേധിക്കാൻ അങ്ങനെയാണെങ്കിൽ സൃഷ്ടിത്തിൽ നാനാത്ത ബോധമൊന്നും ഇല്ലെങ്കിലും അവിടെ ആ അനുഭവത്തിൽ നിഷേധിക്കാൻ വയ്യ അങ്ങനെ ഉണ്ടായില്ല എന്ന് പറയാമയോ സൃഷ്ടിയിലും അനുഭവം നില അനുഭവത്തെ ജാഗ്രതത്തിൽ വന്നിട്ട് നിഷേധിക്കാൻ നിഷേധിക്കാൻ വയ്യെങ്കിൽ അത് സത്യമാണോ എന്നറിയാം അവിടെ ഒന്ന് മാത്രമേ എന്നും മനസ്സിലാക്കുന്ന എന്താണ് തനിക്ക് നിഷേധിക്കാൻ വയ്യാത്തത് എന്താ അവിടെ തലച്ചോറുണ്ടോ തന്റെ ശരീരമുണ്ടോ ഒന്നുമില്ല തനിക്ക് നിഷേധിക്കാൻ പറ്റിയ ഒന്നുമില്ല മറിച്ച് തനിക്ക് നിഷേധിക്കാൻ പോയത്ത തന്റെ അസ്തിത്വം മാത്രമേ അവിടെയുള്ളൂ നമ്മൾ ജാഗ്രതയിൽ നിശ്ചയിക്കൂ അതുകൊണ്ട് പറയുന്നതെന്താണ് അതൊന്നിൻ്റെയും കാര്യം വേണ്ട അതൊന്നിന്റെയും കാരണവുമല്ല അപ്പോൾ ഈ ശരീരത്തിൽ നിന്നാണ് ഉണ്ടായതാണ് അന്ന് പറയാൻ പറ്റൂ അന്ന് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവിടെ ഒന്നിന്റെ അസ്തിത്വം മാത്രമേ നമുക്ക് അനുഭവപ്പെടുന്നു അവിടെ മറ്റെന്തെങ്കിലും മറ്റൊരു കാരണത്തിന്റെ മറ്റെന്തെങ്കിലും കാര്യത്തിൻ്റെ ഒന്നും അനുഭവങ്ങൾ അത് ജാഗ്ര സ്വപ്ന സുഷിതകളിൽ ഏകമായിരിക്കുന്നു അതുകൊണ്ടത് സത്യമാണ് അതാണ് തൻ്റെ വാസ്തവം അത് ഇവിടെ എന്താണ് ഭേദം അതറിയുന്നു താൻ വിനയിച്ചപ്പോഴും ഇപ്പോൾ താൻ ഈ രൂപത്തിലിരിക്കുമ്പോഴും തൻ്റെ അസ്തിത്വം തൻ്റെ യാഥാത്മ്യം ജലമാണ് അതിനങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ അ ദൃഷ്ടാന്തത്തിലൂടെ അങ്ങനെ ചിന്തിക്കുന്നു അത് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇത് നമ്മുടെ സദാ ഉള്ള അനുഭവമാണ് നിരന്തരമുള്ള അനുഭവമാണ് അനുഭവം മായ സത്യദാനന്ദ സ്വരൂപത്തിന്റെ അനുഭവം ഒരിക്കലും മറഞ്ഞു പോകുന്നു സദാപ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണല്ലോ സത്യം ബാക്കി ഈ ശരീരം ഉൾപ്പെടെയുള്ളതെല്ലാം അനുഭവത്തിന് വിഷയമായിരിക്കുന്നു അത് മാഞ്ഞു പോകുന്നു അതെങ്ങനെ സത്യമാകും അതിന് സത്യമാകാൻ വഴിയില്ല അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാര്യമാണ് താനന്ദ എങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒന്നിന്റെ സൃഷ്ടിയാണ് താൻ എന്ന് പറയാൻ കഴിയില്ല കാരണം എന്തുകൊണ്ട് ഈ സൃഷ്ടികളൊന്നും ഇല്ലാതിരുന്ന സമയത്തും താൻ ഉണ്ടായിരുന്നു അത് അങ്ങനെ പറയുന്ന നമ്മൾ ജാഗ്രത്തിലാണോ അപ്പോ ജാഗ്രത്തിൽ അത് ഇതിന്റെ സൃഷ്ടിയാണ് എന്ന് നമ്മളെ ബുദ്ധിവീണ്ടും ബോധിപ്പിക്കും ജാഗ്രത അതിന്റെ സൃഷ്ടിയാണ് ജാഗ്രതയിലാണെന്ന് പറയുന്നത് അത് ശരിയാണ് ജാഗ്രത്തിൽ ഇത് പറയുന്നു അപ്പം ജാഗ്രതത്തിൽ ശരീരം പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ശരീരത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട് പറയുന്നു എന്ന് പറയും പക്ഷേ സുഹൃത്തിയിൽ തിന്റെ അസ്തിവം ഉണ്ടായിരുന്നു ജാഗ്രത്തിൽ ഇതെല്ലാം ഈ ശരീരത്തിന്റെ സെറ്റിയാണെന്ന് പറയുന്നു പോവാ എന്തുകൊണ്ട് ജാഗ്രത്തിൽ ശരീരത്തിന്റെ അസ്തിത്വത്തെ നമ്മൾ അറിയുന്നോണ്ടും അംഗീകരിക്കുന്നോണ്ടുമാണ് അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിന്റെ അസ്തിത്വത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സ്ഥലത്തും ഇത് നിൽക്കുന്നു ഈ ശരീരത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാൻ കഴിയാത്ത സ്ഥലം അവിടെ ഇത് നിലനിൽക്കുന്നു എങ്കിൽ ഇത് എങ്ങനെ ഈ തലച്ചോറിനെ ആശ്രയിച്ച് നിൽക്കുന്ന ശരീരത്തെ ആശ്രയിച്ച് നിൽക്കുന്നെന്ന് എങ്ങനെ പറയാൻ കഴിയും അത് പറയാൻ കഴിയത്തില്ല അത് പറഞ്ഞാൽ പറയേണ്ടി വരും എന്താണ് ജലം ദൂരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ടത് സത്യമാണ് അത് മാത്രമായിരുന്നു ഈ സൃഷ്ടിക്കു മുമ്പ് സർവജ്ഞനും സർവേശ്വരനുമായിരുന്ന സലിലമേ വേദി സലിലം മാത്രമാണ് ആത്മാവ് മാത്രമാണ് ഏകശബ്ദ പ്രത്യഭ ഇവിടെ ഒന്നേ പറയാൻ പറ്റും താൻ താൻ മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റൊന്നുമില്ല ഇതൊന്നിൻ്റെ സൃഷ്ടിയല്ല എന്നർത്ഥം ഇവിടെ ഇത് സർവത്തെയും സൃഷ്ടിക്കുന്നു സൃഷ്ടിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്നെന്താണ് ഈ സൃഷ്ടിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് കരുതുന്നു എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു ഞാൻ പറയുന്നു അതാണ് വിദ്യ അതങ്ങനെ സംഭവിക്കുന്നു അവിടെ പറയുന്നു നിമിഷ വ്യാപാര ബുദ്ധി ഇതരത്വ അവിടെ ചലിക്കുന്നതോ ചരിക്കാത്തതോ ഒന്നും ഉണ്ടായിരുന്നില്ല പറ കഴിയുമോ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നാല് പിഞ്ചനമിഷം ഒന്നും തന്നെ അവിടെ ചലിച്ചില്ല ചലിക്കാത്ത ഉണ്ടായിരുന്നു അത് തന്നെ ഇളകുന്നതും ഇളകാത്തതും ഒന്നും തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതെന്തുകൊണ്ടെങ്കിലും ജാഗ്രതത്തിനും സ്വപ്നത്തിനുമെല്ലാം ഈ പ്രപഞ്ചം രണ്ടു രൂപത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ചലിക്കുന്നു ഇതാണ് അനുഭവം ഈ സൃഷ്ടിക്കു മുമ്പ് നമുക്കിതിനൊരു ദൃഷ്ടാന്തമേ ഉള്ളൂ ചിന്തിക്കാം ബാക്കിയുമായി എടുക്കുന്ന ഒരു ദൃഷ്ടാന്തങ്ങളും പൂർണ്ണമല്ലുതി ഒരു ദൃഷ്ടാന്തമായിട്ടെടുത്താമോ ഉദാഹരണമായിട്ട് അത് തലതിരിഞ്ഞു ചിന്തിച്ചാൽ അസംബന്ധമായിട്ടുള്ളു അല്ലേ ശരീരത്തിന്റെ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അസംബന്ധമായിട്ടുള്ളു ബോധത്തിന്റെ നിലയിൽ ചിന്തിച്ചു അന്തർമുഖമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണെന്നനുഭവം ബഹുർമുഖമായി ചിന്തിക്കുമ്പോൾ അസത്യമാണെന്നുള്ളൊരു തോന്നുന്നു അന്തർഗമായി ചിന്തിക്കുമ്പോൾ ഇത് സത്യമാണെന്നുള്ളത് അനുഭവം അപ്പോൾ അവിടെ അനുഭവത്തിനാണ് പ്രാമാണ ഭാവനകൾക്കും കല്പനകൾക്കുമല്ല ഇതനുഭവമാണ് പറയുന്നത് എന്താണ് എന്നാൽ കിഞ്ചന എന്നൊക്കെ ഇഞ്ചിത്ത വിമിഷത് അവിടെ ഒന്നും ചലിച്ചില്ല എന്തെങ്കിലും ചലിച്ച വാസ്തവത്തിൽ ചലനം എവിടെയാണ് തുടങ്ങുന്നത് സൂര്യനും ചന്ദ്രനും ഒക്കെ ചലിക്കുന്നുണ്ട് കാട്ടു വീശുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ വലിയ ചലനമായി കാണുന്നു പക്ഷെ ചലനം തുടങ്ങുന്ന അവിടെ നിന്നൊന്നുമല്ല ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും എല്ലാം ഈ ചലനം ഭൂമിയുടെയൊക്കെ ചലനം ആരംഭിക്കുന്ന അവിടെ നിന്ന് തന്റെ അന്ധക്കരണത്തിന്റെ ചലനത്തിനാണ് ബുദ്ധിയുടെ ചലനത്തിൽ നിന്നാണ് ബുദ്ധി ചലിക്കുന്നു അവസ്ഥയിൽ നിന്നും ജാഗ്രതയിലേക്ക് വരുമ്പോൾ അതാണ് ബുദ്ധിയുടെ ചലനം എന്ന് പറയുന്നത് ജാഗ്രതത്തിലേക്ക് ഒരു വലിയ മെഷീൻ ഒരു ചെറിയ സ്വിച്ച് ഇടുമ്പോൾ എല്ലാം ചലിച്ചോളാം മെഷീനെല്ലാം ചലിച്ചു കൊടുക്കും അതിന് മെഷീനെ മുഴുവൻ പിടിച്ച് കുലുക്കേണ്ട കാര്യമുണ്ട് എന്നാലും ജലിക്കത്തുമില്ല മറിച്ച് ഒരു ചെറിയ സ്വിച്ച് കാണിവിടെ അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ഭയങ്കര ശബ്ദത്തോടു കൂടി അത് ചലിക്കാൻ തുടങ്ങും അതുപോലെ ഈ അന്ധക്കരണകൃത്തി സ്മൃതിയിൽ നിന്നും ജാഗ്രതയിലേക്ക് വരുമ്പോൾ അതിന്റെ ചെറിയ ചലനം അതിനെപ്പറിയന്താണ് അഹംബോധസ്ഫുരണം ഇത് സംഭവിക്കുമ്പോ ബാക്കി ഇവിടെ സർവവും ചലിച്ചുകൊള്ളുന്നു ഭൂമിയും സൂര്യനും ചന്ദ്രനും വായുവും അഗ്നിയും എല്ലാം ചലിക്കും എന്തുകൊണ്ട് ഇതിന്റെ ചലനത്തെ ആശ്രയിച്ചിട്ടാണ് സർവ ചലിക്കുന്നത് ഇത് ചലിക്കാതിരുന്നാലോ പിന്നെ എന്തെങ്കിലും ചലിക്കുന്നുണ്ടോ ഈ അന്ധക്കരണവൃത്തിയിൽ അഹം വൃത്തിയും ഇതം വൃത്തിയും ഉണ്ടാകാതിരുന്ന ആൾ നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ച് ചിന്തിച്ചാൽ അതിനുവേണ്ടി നമ്മളൊരു പരീക്ഷണശാലയിലും പോകേണ്ട കാര്യമുണ്ട് ഒരു ലാഭം നമുക്ക് ആവശ്യമുണ്ട് സ്വ അനുഭവത്തെ മാത്രം വിശകലനം ചെയ്താൽ മതി അദ്വൈതം നിലനിൽക്കുന്നതും സ്വ അനുഭവത്തിന്റെ വിശകലനത്തിലൂടെയാണ് അതുകൊണ്ടാണ് അന്തർമുഖമായി ചിന്തിക്കുന്നതെന്ന് പറഞ്ഞത് തപസ്സെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവിടെ ഈ അന്ധക്കരണ കുറിച്ച് ചലിച്ചിരിക്കുമ്പോ സർവവും ചലിക്കുന്നു സൃഷ്ടിയായി സൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലായി ഇതൊന്നും ഞാൻ സൃഷ്ടിച്ച ആണെന്ന് പറയുന്നില്ല ഞാൻ സൃഷ്ടിച്ചാണെന്ന് പറയുന്നു അതുകൊണ്ട് പറഞ്ഞത് സൃഷ്ടികർത്താവി ആനാണെന്ന് പറയുന്നത് അയേഷ സർവീശൻ സർവജ്ഞാഷകാരം പറയുന്നത് സർവജ്ഞനം സർവേശ്വരനുമായ ഒന്നിൽ നിന്നാണ് ഈ സൃഷ്ടി സംഭവിച്ചത് പക്ഷെ ഈ സൃഷ്ടിയെ ഇപ്പൊ അനുഭവിക്കുന്ന ഞാനാണ് സർവേശ്വരൻ ഞാൻ അനുഭവിക്കുമ്പോൾ എങ്ങനെ അനുഭവിക്കുന്നു എല്ലാവർക്കൊന്ന് ശരിയ്യ എന്റെ അന്ധകരണം പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് എവിടെ മൂന്ന് പ്രവർത്തിച്ചു തുടങ്ങി ആ സൃഷ്ടി നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നപ്പോ സൃഷ്ടി അനുഭവപ്പെടുന്നു ആരോ സൃഷ്ടിച്ചോട്ടെ ഞാൻ സൃഷ്ടിക്കുന്നു എന്നില്ല എങ്ങനെ സംഭവിച്ചോട്ടെ അപ്പോ അതാണ് തുടങ്ങുന്നത് അന്ധക്കരണത്തിന്റെ ആ സൂക്ഷ്മമായ ചലനം അതാണ് സൃഷ്ടിയുടെ ആരംഭം അപ്പോൾ അത് ചലിക്കാതിരുന്നാലോ നാന് പിഞ്ചന വിഷ ഒന്നും ചലിച്ചില്ല ഒന്നും ചലിച്ചില്ലെങ്കിൽ ഏകയേവ സൃഷ്ടിയില്ല പിന്നെ അവിടെ സൃഷ്ടി കടത്താവില്ല അദ്വീതം ഏകം മാത്രം അതാണ് സുഷൃത്തി അതുതന്നെയാണ് സൃഷ്ടിക്കുന്നുള്ള അവസ്ഥ അവിടെ നമ്മൾ വരുന്ന ഒരു അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്റെ ഉറക്കം എന്റെ ഉറക്കമാണോ അതിനൊക്കെ തരണം ഒരിക്കലും അല്ല ഇതൊരു ദൃഷ്ടാന്തമായി പറയുകയാണ് അപ്പോൾ ഈ വിപുലമായി നമുക്ക് അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന് അതുപോലെ ഓരോ റക്കൗണ്ട് നമ്മൾ പറയുന്നില്ല പ്രളയം എന്ന് പറയുന്ന അവിടെ ഒന്നും ചലിക്കുന്നില്ലല്ലോ അത് സർവജ്ഞനും സർവേശ്വരനുമായ ഒന്നാണ് അതിലേക്കാണ് താനും ചെന്ന് ചേരുന്നത് നേരത്തെ പറഞ്ഞല്ലോ അനന്തമായ സമുദ്രത്തിൽ ഒരു ചെറിയൊന്നുര വിനയിക്കുന്നു അതുപോലെ നമ്മൾ ഞാനാണ് സൃഷ്ടിക്കടുത്താവണമെന്നും പറയുന്നില്ല എന്റെ ഉറക്കമാണ് ഇതിനെല്ലാം ശ്രദ്ധിക്കുന്നതെന്നും പറയുന്നു അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പരമാബദ്ധമായി അങ്ങനെ ചിന്തിക്കരുത് എന്റെ ഉറക്കമാണ് ഈശ്വരൻ എന്റെ ഉറക്കമാണ് ആത്മാവ് എന്റെ ഉറക്കമാണ് ഈ സൃഷ്ടിയുടെ സിപിസ് അങ്ങനെയല്ല പറയുന്നത് അത് കേവലം ദൃഷ്ടാന്തം മാത്രം ഉദാഹരണം മാത്രം പക്ഷെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണോ ഒരിക്കലും പറയുന്നില്ല എന്താണ് ഒരു നിരയാണ് സമുദ്രം എന്ന് പറയുന്നില്ല പക്ഷെ അതും സമുദ്രം തന്നെ അങ്ങനെ അവകാശവാദം പറയുന്ന അനന്തമായ നിരകളും തിരകളും ഉണ്ട് ഒരാൾക്ക് മാത്രം അത് പറയാൻ പറ്റത്തില്ല ഒരു നിരക്ക് പറയാൻ പറ്റും എന്നെ നിന്നാണ് ഈ കാണുന്ന സർവ്വ തിരകളും ഉണ്ടായത് സർവ്വ നിരകളും ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അതിൽ നിന്ന് പറയാൻ പറ്റും എന്താണ് ഞാനും അത് തന്നെയാണ് ആ ബന്ധമാണിവിടെ നമ്മുടെ ഉറക്കത്തിനും ഈ സർവീശ്വരനും സർവജ്ഞനുമായിരിക്കുന്നു പരമാത്മാവിനും ഉള്ളു അവിടെ നക്കിഞ്ചിത്ത വിമിഷ ഒന്നും തന്നെ ചലിച്ചില്ല ഞാൻ ഉറങ്ങുന്നു അനേകം പേര് ഉണർന്നിരിക്കുന്നു ഞാൻ സൃഷ്ടിക്കുന്നില്ല അനേകം പേര് സൃഷ്ടിക്കുന്നു അപ്പം ഇവിടെ അനേക സൃഷ്ടികളാണ് സ്ഥൂലമായ അർത്ഥത്തെ ധരിക്കാനല്ല പറയുന്നു അതിന്റെ സൂക്ഷ്മമായ താല്പര്യത്തെ കിട്ടുന്നു അവിടെ ഉറക്കത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അത് പരമേശ്വരനാണെന്ന് അറിയണമെങ്കിൽ അവിടെ ഞാൻ ഉറങ്ങി എന്നുള്ള ബോധം പോണം എന്റെ ഉറക്കമെന്നുള്ളത് വിടണം അതല്ല മറിച്ച് എന്താണ് എന്നാൽ പിഞ്ചിത വിമിഷം ഒന്നും ചലിക്കാതിരിക്കുന്നു ഈ പ്രപഞ്ച ഭാനത്തിന് കാരണമായിരിക്കുന്ന തന്റെ സൂക്ഷ്മമായ അന്ധക്കരണം ചലിക്കാതിരിക്കുന്ന ഒരു സ്ഥിതി അതാണ് അവിടെ എന്തെങ്കിലും ചലിക്കുകയോ ചലിക്കാതിരിക്കുകയോ ചെയ്യുന്നു കാരണം ചലിക്കുന്ന വസ്തുക്കളാണോ ചലിക്കാതിരിക്കുന്നത് ചലിക്കുന്ന വസ്തു നിശ്ചലമായ നമ്മൾ പറയാം ചലിക്കുന്നില്ല രണ്ടും ആപേക്ഷികമാണ് രണ്ടും ദ്വൈതത്തിനാണ് ഇതിനെ കുറിച്ച് അങ്ങനെ പറയാം ഇത് ചലിക്കുന്നു എന്നോ ചലിക്കുന്നില്ലെന്നോ പറയാം അതേ ചെലി തന്നേ ചൊലി അത് ഏതു തരത്തിലും അതിനെ പറയാം അതാണ് അത് സൃഷ്ടിച്ച ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാം അവിടെ നിന്നും ചലനം ഉണ്ടാകുന്നു സൃഷ്ടി ഉണ്ടാവുന്നു അദ്വൈതത്തിന് സൃഷ്ടിയെ സംബന്ധിച്ച് ഇത്രയേ പറയാൻ പറ്റും നീ കണ്ടിരിക്കുന്നതിന് പല വിശദീകരണങ്ങളും പറയും അതിന് ഇനി കുറിച്ച് പറയുന്ന ഈ സൃഷ്ടി ചർച്ചകളല്ല അതൊന്നും സത്യമല്ല അങ്ങനെ സൃഷ്ടി ഉണ്ടായിന്ന് താല്പര്യമൊന്നുമില്ല അമ്പു മരീച്ചരും മരം ആപഹ അടുത്ത പറയും അങ്ങനെ സൃഷ്ടിയുണ്ടായി പക്ഷേ ആരും തന്നെ പറയും അതൊന്നിനു പൂർണമായ സൃഷ്ടി യുടെ വസ്തുസ്ഥിതി വിവരണമല്ല സൃഷ്ടിയെക്കുറിച്ച് ആർക്കും എങ്ങനെയെല്ലാം ചിന്തിച്ചാലും ശരി നമ്മൾ ഇനിയൊരു പരീക്ഷണശാലയിൽ കൊണ്ടുപോയതിനേക്ക് നമ്മളീ ബോധം ഉപയോഗിച്ച് പരിശോധിച്ചാലും ശരി അതിന്റെ കൃത്യമായൊരു വസ്തുസ്ഥിതി വിവരണം കിട്ടത്തില്ല ഇതിനെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും അതിനെയെല്ലാം നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് പരമാർത്ഥമല്ല അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു പരമാർത്ഥം ഞാൻ ഉണ്ടാകാനും പോകുന്നില്ല പറഞ്ഞിട്ടുള്ളത് അവിദ്യ കാര്യമാണ് അവിദ്യ കാര്യത്തെക്കുറിച്ച് പരമാർത്ഥം ഞാൻ അങ്ങനുണ്ടാവും അതാവിദ്യകമായി എന്നുവെച്ചാൽ സൃഷ്ടിയെക്കുറിച്ച് എന്ത് നമ്മൾ ധരിച്ചാലും എത്ര കാലം പഠിച്ചാലും മനുഷ്യന്റെ ബുദ്ധിയെ എത്രകാലം അതിൽ നിർത്തിയാനും അതിനെക്കുറിച്ചുള്ള അറിവ് എന്നും അജ്ഞാന സംശയ വിപരീയങ്ങൾ ഉണ്ടായിരിക്കും എന്തുകൊണ്ട് അവിദ്യയുടെ കാര്യമാണ് അവിദ്യയുടെ സ്വഭാവം എന്താണോ അത് അജ്ഞാന രൂപത്തിലോ വിപരീത രൂപത്തിലോ സംശയ രൂപത്തിലോ ഇരിക്കും ശരി അജ്ഞാനരൂപത്തിലിരുന്നാൽ അതൊരിക്കലും പൂർണമായും വെളിപ്പെടുത്തില്ല ബ്രഹ്മാത്മകമായിരുന്നാൽ വെളിപ്പെടുന്നത് തന്നെ പരമാർത്ഥ സത്യമായിരിക്കത്തില്ല സംശയരൂപത്തിലിരുന്നാലോ ഈ അറിവ് ഒരിക്കലും അവകാശ അവസാനിക്കത്തില്ല സംശയരൂപത്തിലുള്ള ഒരു അറിവിന് അവസാനങ്ങൾ എന്നുണ്ടോ സംശയം ഉടനെ അതിന് സമാധാനം വീണ്ടും അടുത്ത സംശയത്തിനും ഒരു സമാധാനം അടുത്ത സംശയത്തിന്റെ മുന്നോടിയാണ് സംശയം സമാധാനം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അതാണ് നമ്മൾ ബാഹ്യമായി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എത്ര വസ്തു നിഷ്ഠമായി പഠിച്ചാൽ അത് ഒരു നിഗമനത്തിൽ നിന്ന് എത്തിച്ചേരുമ്പോൾ ഉടനെ അടുത്ത സംശയം ഉണ്ടാകും അന്വേഷണം തരും പിന്നെ ഉടനെ അടുത്ത നിഗമനം ഇത് പരമാണു ആണോ അല്ലെങ്കിൽ മറ്റേതാണ് വേറൊന്നാണ് അപ്പോൾ ഓരോ നിഗമനങ്ങളും അടുത്ത സംശയത്തിന്റെ പ്രാരംഭമാണ് ഉടനെ അതിൽ നിന്ന് അടുത്ത നിഗമനത്തിൽ അന്വേഷണം അടുത്ത നിഗമനം വീണ്ടും ഇത് അവസാനമില്ലാതെ പോയിക്കൊണ്ടേ ഇതിനൊരിക്കലും മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നിടത്തോളം കാലം ബഹുശാഖാഹ്യാനന്ദ എന്ന് പറഞ്ഞു ഇത് ബഹുശാഖയിലുള്ളതാണ് ആനന്ദമാണ് ഇത് അവസാനിക്കുന്നില്ല അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് ഇനി ആര് പറഞ്ഞാലും ശരി ശ്രുതി പറഞ്ഞാലും ശരി ഭൗതികമായി പഠനം നടത്തി പറഞ്ഞാലും ശരി അതൊക്കെ അപൂർണമാണ് നമ്മുടെ ശ്രുതി പലപ്പോഴും സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് ഉപാസനക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും ഈ സൃഷ്ടിയെക്കുറിച്ച് അറിഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നാൽ പിന്നെ ഈ സൃഷ്ടി നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉപയോഗിക്കാം ഈ സത്യ അന്വേഷണത്തിന് സൃഷ്ടി ഉപയോഗിക്കാതിന് വേണ്ടി എന്ത് ചെയ്യുക ഈ സൃഷ്ടിയുടെ ക്രമത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഭാവന ചെയ്യുക ഇങ്ങനെ എങ്ങനെയൊക്കെയാവും ആ സൃഷ്ടിയിൽ നിന്നും മനസ്സിന് സൃഷ്ടാവിലെത്തിക്കുന്നതിനുള്ള ഒരു ഉപായം എന്നുള്ള ആളൊക്കെയാണ് പറയുന്നത് വസ്തുനിഷ്ഠമായ പഠനമല്ല ഈ സയൻസല്ല എന്നറിയും സയൻസിന്റെ താല്പര്യം അതല്ല അതിന്റെ താല്പര്യം ആത്മനിഷ്ഠമാകുക എന്നുള്ളതല്ല അല്ലാതെ ഒരു ബഹിർമുഖമായി ബാഹ്യമായ സത്യത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് ബഹുശാഖാഖ്യാനന്ദ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അത് പ്രാപഞ്ചികമായ സത്യങ്ങൾ വെളിപ്പെടുത്തും ഇല്ലെന്നല്ല പറയും പക്ഷെ അതിന് അവസാനം ഇല്ല ഇവിടെ അങ്ങനെ ഉണ്ട് ഇവിടെ അന്തർമുഖമായാണ് ചിന്തിക്കുന്നത് കൂടുതൽ ബഹിർമുഖമായിരിക്കുന്ന ഒരാളിനാണ് ഈ അന്തർമുഖത്തെ ഉൾക്കൊള്ളാൻ പ്രയാസം അവിടെ ചിന്തിക്കാൻ കഴിയത്തില്ല ആ സംബന്ധമാണെന്ന് അന്തർമുഖമായിരിക്കുന്ന ഒരാളിനാണ് ഈ ബഹിർമുഖതയുടെ പുറകെ പോകേണ്ട ആവശ്യമൊന്നും അതിനൊട്ട് കഴിയത്തു അവിടെ അതിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് രണ്ടു തരത്തിലാണ് നിൽക്കുന്നത് ബുദ്ധിയുടെ ബോധത്തിന്റെ രണ്ട് തലത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് രണ്ടു ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളെപ്പോലെ അതിങ്ങനെ പിരിയാതെ നിൽക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിയെ ഒന്ന് സമാധാനിപ്പിക്കും ബുദ്ധി ബഹിർമുഖമായി കാണുന്നു അതേ ബുദ്ധിയുടെ മറുവശമാണ് അന്തർമുഖ ബഹിർമുഖമായി കാണുന്ന ഇതിനെ അന്തർമുഖതയിലേക്ക് എങ്ങനെ നയിക്കാം അതിനുവേണ്ടി സൃഷ്ടിപ്രക്രിയയെക്കുറിച്ച് പറയുന്നു അതിലൂടെയും എത്തിച്ചേരാം അതിനെക്കുറിച്ച് ചിന്തിച്ചാലും ഇവിടെ ശ്രുതിയിൽ എവിടെയൊക്കെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞാലും അതെല്ലാം അവസാനം ആത്മാവിനെത്തിച്ചേരും പക്ഷെ അത് വസ്തുനിഷ്ഠമായ പഠനം എന്നുള്ള അതിനൊക്കെയാണ് എടുക്കരുത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇന്ന് പഠിക്കുന്ന ഭൗതിക ശാസ്ത്ര പഠനമല്ല അതുകൊണ്ട് നമുക്കിതിന് പുരുത്തക്കേടും തോന്നേണ്ട കാര്യമില്ല ഇതെങ്ങനെയാ പറയുന്നത് അമ്പുവും മരീച്ചും മരമാ നമുക്ക് എന്തായി പറയുന്നു ീ പറയുന്ന ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇനി ഇതിനെ ചിലർക്ക് ഇതിനെ അതുമായിട്ട് പൊരുത്തപ്പെടുത്തണം ഏത് രീതിയിലും പൊരുത്തപ്പെടുത്തിയാലും പറ്റും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കേവലം ശബ്ദ അർത്ഥങ്ങളിലൂടെ അങ്ങോട്ട് പോകും ഏതിനെയും ഒരാൾ വ്യാഖ്യാനിച്ചിട്ട് ഗണിതാശ്വാസമാണ് ഇവിടെ നിന്ന് സയൻസും ഉണ്ട് പറഞ്ഞു വ്യാഖ്യാനം വേണമെങ്കിൽ കെ പി സി എന്ത് വ്യാഖ്യാനം അതിനകത്ത് എല്ലാ ഉണ്ട് ഞാൻ പറഞ്ഞ് കേൾക്കണ്ട കാരണം സയൻസ് എനിക്ക് മനസ്സിലാകത്തില്ല സയൻസ് ഞാൻ പഠിച്ചിട്ടുള്ള വിഷയമല്ല അല്ല ഞാൻ എന്റെ വ്യാഖ്യാനത്തിലൂടെ അതും കുറച്ച് മനസ്സിലാക്കാം ഇനി വയസ്സുകാലത്ത് സയൻസ് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ ശാസ്ത്രജ്ഞനൊന്നും ആകാൻ പോകുന്നില്ല എന്നാലും വ്യാഖ്യാനിച്ചാണ് കേട്ടു അത് ബോധിപ്പിച്ചേ മനസ്സിലാവും ഞാൻ പറഞ്ഞെന്നാ കേക്കട്ടെ ഇതിൽ ഓരോ അക്ഷരവും നമ്മൾ ശാസ്ത്രീയമായി പരിശോധിക്കാത്തോണ്ടാണ് അത് ശാസ്ത്രീയമായി ചിന്തിച്ചു ആരാണോ ഇത് പറഞ്ഞ ആ ഋഷി സർവ വരാൻ പോകുന്നതുമായ സർവ്വശാസ്ത്രവും ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഇത് വെളിപ്പെടുത്തിയിരിക്കണം അത്ര ഗംഭീരമാണോ പറഞ്ഞു എനിക്ക് കേൾക്കണ്ട അപ്പോൾ നിർബന്ധമാണ് കേട്ടേ മതിയാവും ശരിയെന്നാട്ടവും കേട്ടോ നാസാ ഭരണഭൂഷിക ഇതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഞാൻ പറഞ്ഞു എന്തായാലും സയൻസിന്റെ വ്യാഖ്യാനം കേൾക്കട്ടെ എന്നാ പറഞ്ഞ നാസ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊരു സ്ഥാപനമാണ് ഇതുവരെ നമ്മളെ കണ്ടുപിടിച്ചിരിക്കുന്നു അന്നില്ലൊന്നും ഉണ്ടായിരുന്നില്ല ഒരാള് വ്യാഖ്യാനിച്ചുതന്നെ കേൾപ്പിച്ചിട്ടുണ്ട് അഥ പറയുന്നതാണ് അതുവരെ പറയാൻ പറ്റി എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനിയും വ്യാഖ്യാനിക്കൂടുതും കൂടുതൽ അറിവ് വർദ്ധിക്കട്ടെ വ്യാഖ്യാനം ഗംഭീരമായി എന്ന് പറഞ്ഞ് ഞാൻ പിന്മാണു ഇപ്പൊ അതുപോലെ ഇതെന്നെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് അപ്പൊ അതാണ് സയൻസ് പരമായി വ്യാഖ്യാനിച്ചാൽ കിട്ടുന്ന അർത്ഥം ഇതങ്ങനെയല്ല പറയൂ ഇതെന്താണോ ഇത് കേവല മനനത്തിന് ഒരു ഉപാസനക്ക് ആ ഉപാസനക്ക് വരാം പഴയ കാലത്ത് ഇതിനങ്ങനെ വ്യാഖ്യാനിച്ചിരുന്ന ആൾക്കാർ പക്ഷെ ഇത്രയും അബദ്ധത്തിലല്ല കുറച്ചുകൂടി ഒരു യുക്തിയുക്തമായി വ്യാഖ്യാനിച്ചിരുന്നു അതാണ് ഇടത്ത് പറയുന്നത് ഇതിന്റെ കുറേയൊക്കെ ഭൗതികമായ നിലയിൽ അവരും ചിന്തിച്ചു യഥാസാഖ്യാനം ആത്മപക്ഷപാതി സ്വതന്ത്രം പ്രധാനം യഥാ കാണാ അണവു ഉന്നത അന്യത് ആത്മനപി വസ്തുവിദ്യതെ പഴയ ആൾക്കാരെ കുറിച്ച് പറയാണ് ഇന്നിതിനെ ഇന്നിതിനെ സയൻസിൻ്റെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ടല്ലോ അതുപോലെ ഏകദേശം സയൻസ് അസംബന്ധമെന്നാണ് പറയുന്നത് അത് അതിൻ്റെ നിലയിൽ അതിന് വാസ്തു കൊണ്ട് യാഥാർത്ഥ്യമുണ്ട് അത് ആവശ്യമുള്ളതാണ് പക്ഷേ ഇതിനെ സയൻസാക്കുമ്പോൾ വരുന്ന ദോഷമാണ് ആത്മതത്വത്തെ സയൻസാകുമ്പോൾ രണ്ടും പൊരുത്തപ്പെടുത്തുന്നു അപ്പോ സാഖ്യന്മാര് അങ്ങനെ ചിന്തിച്ചു സാഖ്യാനാം കാണാതാനാം ഭാഷകാരൻ സാന്ന് പറയുമ്പോ അങ്ങനെ പറയുന്നുള്ളൂ സാഖ്യന്മാര് കാണാതന്മാര് ബൗദ്ധന്മാര് അങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് സാഖ്യൻ കപിലൻ എന്തു പറഞ്ഞു കണാതൻ എന്ന് പറഞ്ഞു ഗൌതമൻ എന്ത് പറഞ്ഞു എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്കറിയാൻ അവരൊക്കെയാണോ ഈ അസംബന്ധങ്ങളെല്ലാം പറഞ്ഞു വെച്ചത് അത് നിശ്ചയിക്കാൻ അതാണ് അവര് ഋഷിമാരില്ല അതുകൊണ്ട് പറയുന്നു കാണാതൻ എന്നു വെച്ച കണാതന്റെ അനുയായികൾ അവര് പറഞ്ഞത് ഇന്ന് നമുക്കറിയാവൂ ഗൗതമന്റെ അനുയായികൾ അവർ പറഞ്ഞതേ അറിയാവോ ബുദ്ധൻ പറഞ്ഞാലറിയുന്നു ബുദ്ധൻ്റെ അനുയായികൾ പറഞ്ഞതാണ് ഇവരോട് മാറ്റം വന്നു അവർക്ക് പല അഭിപ്രായങ്ങളുണ്ട് അത് കുറച്ച് ആത്മീയവും ഭൗതികവും എല്ലാം വന്നു അവരെന്തു പറഞ്ഞു അവിടെ സ്വതന്ത്രമായി ഒന്നിനെ കൂടി അംഗീകരിച്ചു പ്രധാനം അവിടെ പറഞ്ഞല്ലോ നാന്യകിഞ്ചന മിഷൻ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കപിലിന്റെ അനുയായികൾ പറയുന്നത് എന്താണ് അല്ല അവിടെ ഒന്നുകൂടി ഉണ്ടായിരുന്നു പ്രധാനം എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൃഷ്ടി നടക്കാൻ സാധ്യതയേയില്ല കാരണം നിങ്ങളെന്താണ് പറയുന്നത് അവിടെ ഏകമായ ആത്മാവ് മാത്രം ഉണ്ടായിരുന്നു ആ ഏകമായ ആത്മാവീ കാണുന്ന അനേകത്വത്തിന് വിരുദ്ധമാണല്ലോ അതിലും നിങ്ങൾ ഈ നാനാക്കം ഉണ്ടാകും അതുണ്ടാകാൻ വഴിയില്ല ഇതിന്റെ സ്വഭാവമല്ല അതിന് അതിന്റെ സ്വഭാവമല്ല ഇതിന് യുക്തി കൊണ്ട് ചിന്തിക്കുകയാണ് അതുകൊണ്ട് അവർ ഉറപ്പിച്ചു എന്താണ് അവിടെ ഒന്നുകൂടി ഉണ്ടായിരുന്നു രണ്ടാമതാണ് പ്രധാനം രണ്ടെണ്ണം ഉണ്ടെങ്കിലേ ഇത് സംഭവിക്കത്തുള്ളൂ കാണാതെന്ന് പറയുന്നു അല്ല അവിടെ അണുക്കളുണ്ടായിരുന്നു അണുക്കൾ കൂടിച്ചേർന്നതുണ്ടീ ബ്രഹ്മചര് ഇന്ന് സയൻസ് എത്തിയതുപോലെ ഒന്നും എത്തിയില്ല കാണാതന്മാരെ എന്നാണ് ഇവർ പറയുന്നത് എന്താണോ ഈ കാണുന്ന സ്ഥൂലമായ പ്രപഞ്ചം ഇതിന്റെ തന്നെ സൂക്ഷ്മമായ അംശങ്ങൾ കൂടി ചേർന്ന ഉണ്ടായത് അത്രേയുള്ളൂ അവരുടെ സിദ്ധാർത്ഥത്തിന്റെ താല്പര്യം ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരെത്തിയതുപോലെ അതിന്റെ സൂക്ഷ്മതയിലൊന്നും അവർക്ക് എത്താൻ കഴിഞ്ഞില്ല ഭൗതികമായി അവര് ഇന്നുള്ളവരെ പോലെ അത്രയും കേമന്മാരൊന്നും ആയിരുന്നില്ല എല്ലാവരും അവർ അതിലേക്കൊരു സൂചന കൊടുത്തു എന്താണോ അത് ഇന്ന് കാണുന്നതിന്റെ സൂക്ഷ്മംശങ്ങൾ ആ സൂക്ഷ്മ അംശങ്ങൾ കൂടി ചേർന്ന് നിസ്സൂലമായി പ്രപഞ്ചമുണ്ടായി അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മംശങ്ങൾ വേറിട്ടെങ്കിൽ അതിന്റെ പ്രധാനമെന്നോ അണു എന്നോ പറയാം അപ്പൊ ആത്മാവാ ആത്മാവൈ ആത്മാവ് മാത്രം ഒന്നു പറയാൻ പറ്റില്ല പ്രധാനവനങ്ങൾ അണുക്കളും അങ്ങനെയാണെങ്കിൽ നഖിഞ്ചി മറ്റൊന്നും ഇല്ല എന്ന് പറയുന്ന നിങ്ങൾ ശരിയാകും അതിനടുത്ത ഭാഷകാരെ സമാനം പറഞ്ഞു